അധ്യായം പന്ത്രണ്ട് കീശിന്റെ മകനായ ശൌലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ അവിദ് അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണച്ചെയ്തു അവർ വില്ലാളികളും വലം കൈ കൊണ്ടും വില്ലുകൊണ്ട് അമ്പയ്യുവാനും സമർത്ഥന്മാരായിരുന്നു ബെന്യാമീന്നരായ ശൌലിന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ തലവനായ അഹിയസർ യോവാസ് ഗിബേയാത്തിനായ ശെമയയുടെ പുത്രന്മാർ അസ്മാവ്യത്തിന്റെ പുത്രന്മാർ യെസിയൽ പേലത്ത് ബരാഖ അനാഥോത്യൻ യഹു മുപ്പത് പേരിൽ വീരനും മുപ്പത് പേർക്ക് നായകനുമായി ഗിബയോന്യനായ ഇഷ്മയാവ് ഇദൻ മിയോ യഹസ്യ യോഹാനാൻ ഗെദരാതിനായ യോസാബാദ് എലുസായി യരിമോത് ബയല്ലിയോ ഷമരിയോ ഹരിുഫനായ ഷഫത്യോ യൽകാന ഇശിയോ അസറെൽ കോറെഹരായ യോവേസർ യാശോബ്യ ഗദോറിൽ നിന്നുള്ള യെരോഹാമിൻ്റെ പുത്രന്മാരായ യോവേല സെബദ്യ പരിചയം കുന്തവുമെടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും യുദ്ധാഭ്യാസികളും ഗാദ്യരെ പിരിഞ്ഞുവന്ന് മരുഭൂമിയിൽ ദുർഗത്തിൽ ദാവീദനോട് ചേർന്നു അവർ സിംഹമുഖന്മാരും മലകളിലെ മാൻപേടകളെപ്പോലെ വേഗതയുള്ളവരുമായിരുന്നു അവരാരെന്നാൽ തലവൻ ഏസർ രണ്ടാമൻ ഒബദ്യാവ് മൂന്നാമൻ എലിയാബ് നാലാമൻ മിഷ്മന്ന അഞ്ചാമൻ ഇരമ്യാവു ആറാമൻ അത്തായി ഏഴാമൻ എലിയൽ എട്ടാമൻ യോഹാനാൻ ഒൻപതാമൻ എൽസാബാദ് പത്താമൻ ഇരമ്യാവ് പതിനൊന്നാമൻ മക്ബന്നായി ഇവർ ഗാദ്യിൽ പടനായകന്മാർ ആയിരുന്നു അവരിൽ ചെറിയവൻ നൂറുപേർക്കും വലിയവൻ ആയിരം പേർക്കും മതിയായവൻ അവർ ഒന്നാം മാസത്തിൽ യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ കടന്ന് താഴ്വര നിവാസികളെയൊക്കെയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു ചില ബെന്യാമീന്യരും യഹൂദീരും ദുർഗത്തിൽ ദാവിദിന്റെ അടുക്കൽ വന്നു ദാവിദ്വരെ എതിരേറ്റു ചെന്ന് അവരോട് നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നു എങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും എന്റെ കയ്യിൽ അന്യായം ഒന്നുമില്ലാതിരിക്കെ എന്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനെങ്കിലോ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മുപ്പത് പേരിൽ തലവനായ അമാസായിയുടെ മേൽ ആത്മാവ് വന്നു ദാവീദേ ഞങ്ങൾ നിനക്കുള്ളവർ ഇഷായി നിന്റെ പക്ഷക്കാർ തന്നെ സമാധാനം നിനക്ക് സമാധാനം നിന്റെ തുണയാളികൾക്കും സമാധാനം നിന്റെ ദൈവമല്ലോ നിന്നെ തുണയ്ക്കുന്നത് എന്നവൻ പറഞ്ഞു ദാവീദ്വരെ കൈക്കൊണ്ടു പടക്കൂട്ടത്തിന് തലവന്മാരാക്കി ദാവീദ് ഫെലിസ്ത്യരോടുകൂടെ ശൗലിന്റെ നേരെ യുദ്ധത്തിന് ചെന്നപ്പോൾ മനശ്ശേരിൽ ചിലരും അവനോട് ചേർന്നു അവർ അവർക്ക് തുണ ചെയ്തില്ലാത്താനും ആലോചിച്ചിട്ട് അവൻ നമ്മുടെ തലയും കൊണ്ട് തന്റെ യജമാനായ ശൗലിന്റെ പക്ഷം തിരിയുമെന്ന് പറഞ്ഞ് അവനെ അയച്ചു കളഞ്ഞു അങ്ങനെ അവൻ സിക്ലാഗിൽ ചെന്നപ്പോൾ മനശ്ശയിൽ നിന്ന് അദ്ന യോസാബാദ് യദിയേൽ മീഖായേൽ യോസാബാദ് എലീഹു സില്ല എന്നീ മനശ്ശേയ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു അവരൊക്കെയും വീരന്മാരും പടനായകന്മാരും ആയിരുന്നതുകൊണ്ട് കവർച്ചക്കൂട്ടത്തിന്റെ നേരെ ദാവീദിനെ സഹായിച്ചു ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം ആളുകൾ അവന്റെ അടുക്കൽ വന്നു ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു യഹോവയുടെ വചനപ്രകാരം ശൌലിന്റെ രാജ്യത്വം ദാവീതനാക്കുവാൻ യുദ്ധസന്നദ്ധരായി ഹെബ്രോനിൽ അവന്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യകളാവിത് പരിചയം കുന്തവുമെടുത്ത് യുദ്ധസന്നദ്ധരായ യഹൂദ്യർ ആറായിരത്തി എണ്ണൂറ് പേർ ശിമയോന്യതിൽ ശൌര്യമുള്ള യുദ്ധവീരന്മാർ ഏഴായിരത്തി പേർ ിൽ നാലായിരത്തി അറുന്നൂറ് പേർ അഹരോന്യരിൽ പ്രഭു യഹോയാത അവനോടു കൂടെ മൂവായിരത്തി എഴുന്നൂറ് പേർ പരാക്രമശാലിയായി യൗവനക്കാരനായ സാധു അവന്റെ പ്രതിർഭവനത്തിലെ ഇരുപത്തിരണ്ട് പ്രഭുക്കന്മാർ ശൌലിന്റെ സഹോദരന്മാരായ ബെന്യാമീന്യരിൽ മൂവായിരം പേർ അവരിൽ ഭൂരിപക്ഷം അതുവരെ ശൌൽഗ്രഹത്തിന്റെ കാര്യം ിരിൽ പരാക്രമശാലികളായി തങ്ങളുടെ പ്രതിർഭവനങ്ങളിൽ ശ്രുതിപ്പെട്ടവരായ ഇരുപതിനായിരത്തി എണ്ണൂറ് പേർ മനഷയുടെ പാതിഗോത്രത്തിൽ പതിനെണ്ണായിരം പേർ ദാവീദിനെ രാജാവാക്കുവാൻ ചെല്ലേണ്ടതിന് ഇവരെ പേരുപേരായി കുറിച്ചിരുന്നു ഇസഖക്കാരിൽ ഇസ്രയേൽ ഇന്നത് ചെയ്യണമെന്ന് അറിവാൻ തക്കവണ്ണം തലവന്മാർ അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു സെബുലൂനിൽ യുദ്ധസന്നദ്ധരായി സകലവിധ യുദ്ധ ആയുധങ്ങളെ ധരിച്ച് നിരനിരയായി ഐകമത്യത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ അമ്പതിനായിരം പേർ നഫ്താലിയിൽ നായകന്മാർ ആയിരം പേർ അവരോടുകൂടെ പരിചയം കുന്തവുമെടുത്തവർ മുപ്പത്തേഴായിരം പേർ ിൽ യുദ്ധസന്നദ്ധർ ഇരുപത്തിയെണ്ണായിരത്തി അറുനൂറ് പേർ ആശയരിൽ യുദ്ധസന്നദ്ധരായി പടയ്ക്ക് പുറപ്പെട്ടവർ നാൽപ്പതിനായിരം പേർ യോർദാനക്കരെ രൂപേന്യരിലും ഗാദ്യരിലും മനഷയുടെ പാതിഗോത്രത്തിലും സകലവിധ യുദ്ധായുധങ്ങളോടുകൂടെ ലക്ഷത്തി ഇരുപതിനായിരം പേർ അണിനിരപ്പാൻ കഴിവുള്ള ോദ്ധാക്കളായ ഇവരെല്ലാവരും ദാവീദിനെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കേണ്ടതിന് ഏകാഗ്ര മനസ്സോടെ ഹെബ്രോനിലേക്ക് വന്നു ശേഷമുള്ള ഇസ്രയേലും എല്ലാം ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഐകമത്യപ്പെട്ടിരുന്നു അവർ അവിടെ ഭക്ഷിച്ചും പാനം ചെയ്തും കൊണ്ട് കൂടെ മൂന്ന് ദിവസം പാർത്തു അവരുടെ സഹോദരന്മാർ അവർക്കു വേണ്ടി വട്ടം ഇസ്രയേലിൽ സന്തോഷമുണ്ടായിരുന്നതുകൊണ്ട് സമീപവാസികൾ ഇസഖാർ സെബൂലൂൻ നഫ്താലി എന്നിവർ കൂടെ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കോവർ കഴുതപ്പുറത്തും കാളപ്പുറത്തും അപ്പം മാവ് അത്തിപ്പഴക്കട്ട ഉണക്കമുന്തിരിപ്പഴം വീഞ്ഞ എണ്ണ എന്നിവയെയും കാളകളെയും വളരെ ആടുകളെയും കൊണ്ടുവന്നു